അതിനാൽ അവർ അള്ളാഹു സുഹാനഹൂവച്ച ആലക്ക് നൽകിയ വാഗ്ദാനം ലംഘിച്ചതിനാലും അവർ കള്ളം പറഞ്ഞതിനാലും അവനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ അവരുടെ ഹൃദയങ്ങളിൽ കപടവിശ്വാസം അവൻ പ്രതിഷ്ഠിച്ചു